ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവനെ പരിശുദ്ധപ്പെടുത്തുന്നു ഏതൊരു വസ്തുവും അവൻറെ സ്തുതികളോടെ അവരെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവരുടെ ആ പരിശുദ്ധപ്പെടുത്തൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല തീർച്ചയായും അവൻ ഏറെ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു